ജലത്തിൽ നിന്നും മാധുര്യം എന്ന ഗുണം സ്വച്ഛസ്യാം मधुर മധുര ഉദഗവത് വന്യവത് മാസ്മഗൃഹാം ജലം എല്ലാത്തിന്റെയും അശുദ്ധി എടുക്കണ പോലെയും ജലത്തിന്റെ രുചി മധുരമാണ് വെള്ളത്തിന് രുചി ഇല്ലെന്ന് നമ്മൾ പറയും പക്ഷെ വെള്ളത്തിന്റെ രുചിയാണ് മധുരം ശാസ്ത്രം വെള്ളത്തിന്റെ രുചിയല്ല വെള്ളത്തിന്റെ രുചിയാണ് മാധുര്യം വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ള വസ്തുക്കളിലൊക്കെ രുചി തോന്നണത് ജലാംശം ഉള്ളത് കൊണ്ട് നല്ല വെണ്ണം ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ അറിയാം അപ്പോ ജലത്തിനെ പോലെ മധുര ഉദഗവത് വന്യവൻ മാസ്മ ഗൃഹാം അഗ്നിയെ പോലെ ഏതു ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തിനെയൊക്കെ ദഹിപ്പിക്കാനുള്ള ശക്തി വേണം അന്നെ അഗ്നിയിൽ എന്തിട്ടാലും എല്ലാത്തിനെയും എരിച്ചോളും അതുപോലെ എന്തൊക്കെ അശുദ്ധി ഉള്ളിൽ ചെന്നാലും ഉള്ളിൽ ജ്ഞാനമാവുന്ന അഗ്നി ജ്വലിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ജ്ഞാനമാവുന്ന അഗ്നി ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റും ഒക്കെ ഉള്ളിലേക്ക് പോകുന്ന വാസനകളെ എല്ലാം ഭസ്മമാക്കും ജ്ഞാനമാവുന്ന അഗ്നി എന്താണ് ഏകത്വദർശനം സർവം ബ്രഹ്മമയം ഈശ്വരമയം എന്നുള്ള അനുഭവമാണ് ജ്ഞാനമാവുന്ന അഗ്നി അപ്പോ ഇന്ദ്രിയ വ്യാപാരങ്ങളൊന്നും ചലിപ്പിക്കില്ല ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും അതേപോലെ പുഷ്ടിർനഷ്ടിക്കലാനാം ശശിനിവ തനോഹോനാത്മനോസ്ഥീതി വിദ്യ ചന്ദ്രൻ ചന്ദ്രൻ അമ്മാവാസ ദിവസം ഉണ്ടാവില്ല പതുക്കെ വളർന്നു വളർന്നു വളർന്നു വരുന്നു പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ പിന്നെയും പൗർണമി കഴിഞ്ഞാൽ പതുക്കെ കലകൾ കുറയും അമ്മാവാസ ദിവസം മറഞ്ഞുപോകും ഇതേപോലെ ശരീരം ജനിക്കുന്നതും വളരുന്നതും മരിക്കണതും ഒക്കെ കാണപ്പെടുന്നു ഇത് കണ്ടിട്ട് ആളുകൾ ഇയാള് ജനിച്ചു ഇയാള് വളരുന്നു ഇയാള് മരിക്കുന്നു എന്ന് വ്യവഹാരമുണ്ട് പക്ഷെ അവനവന്റെ അനുഭവം നോക്കിയാൽ നമുക്കറിയാം രണ്ടു വയസ്സിലുള്ള ശരീരം അഞ്ചു വയസ്സിലില്ല അഞ്ചു വയസ്സിലുള്ള ശരീരം പതിനഞ്ച് വയസ്സിലില്ല പതിനഞ്ച് വയസ്സിലുള്ള ശരീരം മുപ്പത് വയസ്സിലില്ല മുപ്പത് വയസ്സിലുള്ള ശരീരം എഴുപത് എൺപത് വയസ്സിലില്ല ശരീരം മാറിക്കൊണ്ടേയിരിക്കണം അനുക്ഷണം ശരീരം മാറിക്കൊണ്ടിരിക്കും ഓരോ കോശങ്ങളും മാറിക്കൊണ്ടിരിക്കും ഏഴു വർഷം കഴിഞ്ഞാൽ ശരീരമേ മാറും എന്നാണ് ഓരോ കോശവും മാറിയിട്ടുണ്ടാവും അങ്ങനെ ശരീരം മുഴുവൻ മാറുമ്പോഴും എല്ലാവരുടെ അനുഭവം എന്താണ് ഏഴു വയസ്സിലുള്ള ഞാനല്ല മുപ്പത് വയസ്സിലുള്ളതെന്ന് പറയുമോ മുപ്പത് വയസ്സിലൊരു ഞാൻ ഏഴ് വയസ്സിലൊരു ഞാൻ എൺപത് വയസ്സിലൊരു ഞാൻ എന്ന് ആ ഞാൻ എന്നുള്ള അനുഭവം മാറണില്ല ശരീരം മാറണു മനസ്സ് മാറണു വികാരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അലപോലെ പൊന്തുണു താഴുന്നു വികാരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ മാറണില്ല എല്ലാം മാറുമ്പോഴും ഞാൻ എന്നുള്ള ഉണർവ് എപ്പോഴും ഒരേപോലെ വർദ്ധിക്കുന്നു അതാണ് നമുക്ക് ശരിക്കു തെളിഞ്ഞ ബുദ്ധിയാണെങ്കിൽ അധികമൊന്നും ഇവിടെ അറിയാനില്ല ഒരുപാട് ശാസ്ത്രമൊന്നും പഠിക്കണ്ട ഒരുപാട് മനസ്സിലാക്കാനൊന്നുമില്ല കഷ്ടപ്പെടാനേ ഇല്ല ബുദ്ധി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഈ ഏഴു ദിവസം കേട്ടതിൽ പലതും വിട്ടുകളയാം നല്ല തെളിഞ്ഞ ബുദ്ധിയാണെങ്കിൽ ഒരേ ഒരു കാര്യം മതി ഭഗവാൻ തന്നെ ഉദ്ധവർക്ക് വിഭൂതികളെയൊക്കെ ഉപദേശിച്ചു ബ്രഹ്മണ്യാനം എന്താണ് ബലിസ്ത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ അതിലൊക്കെ വിഭൂതി യോഗത്തിന്റെ സംഗ്രഹമാണ് അത് ഭാഗവതത്തിലും ഒരു വിഭൂതി യോഗമുണ്ട് ഗീത പോലെ പക്ഷെ ഭാഗവതത്തിൽ ഭഗവാൻ അവസാനം ഈ വിഭൂതികളൊക്കെ വർണ്ണിച്ചു പറഞ്ഞു ഉദ്ധവാ ഈ വിഭൂതികളൊക്കെ വെറും മനോവികാരമാണ് എന്ന് പറഞ്ഞു ഈ വർണ്ണിച്ച വിഭൂതികൾ മുഴുവൻ മനോവികാരണം നീ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നത് മനോവികാരത്തിന്റെ മണ്ഡലത്തിൽ ചിലതൊക്കെ വർണ്ണിച്ച് തന്നു തനിക്ക് അത്രയുള്ളൂ വേണമെങ്കിൽ തനിക്ക് അത്ര കണ്ട് ശക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനോവികാരത്തിനൊക്കെ മാറ്റിവെച്ച് പരമസത്യത്തിനെ പിടിക്കാം വാചം യച്ഛ മനോയച്ഛ പ്രാണാൻ യക്ഷേന്ദ്രിയാണിച്ച് ആത്മാനം ആത്മനായച്ച്ഛ നഭൂയ കൽപ്പസേ അധ്വനേന് വാക്കിനെ അടക്കൂ മനസ്സിനെ അടക്കൂ പ്രാണനെ അടക്കൂ ഇപ്പൊ തന്നെ വേണമെങ്കിൽ തനിക്ക് സാധിക്കുമെങ്കിൽ സർവേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും അടക്കി ശാന്തിയെ സമ്പാദിച്ച ശാന്തി തന്നെ ആത്മസാക്ഷാത്കാരം ശാന്തി തന്നെ ആത്മസാക്ഷാത്കാരം ശാന്തി തന്നെ ഭഗവാന്റെ സ്വരൂപം അപ്പോ നമുക്ക് അധികം അറിയാനില്ല വേണമെങ്കിൽ എളുപ്പത്തിൽ കാര്യം നടക്കും ഈ ഞാൻ എന്നുള്ളത് എന്താണ് ഞാൻ ഞാൻ എന്നുള്ളിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ അതെന്താണ് എന്ന് ഡയറക്റ്റായിട്ട് നോക്കിയാൽ ഒരാളുടെയും സഹായം വേണ്ട ഇതാണ് സഹായം ഈ പറയണതാണ് സഹായം വസ്തു വളരെ അടുത്തുണ്ട് ഒട്ടും ദൂരത്തിലല്ല ആർക്ക് നിഷേധിക്കാൻ പറ്റാതെയുണ്ട് നമ്മളുടെ ഒക്കെ ഉള്ളില് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചു കൊണ്ടിരിക്കും ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു ബാല്യാതിഷ്വപി ജാഗ്രതാധിഷുത അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം അഹം ഇത്തി അന്തസ്ഫുരന്തം സദാം സ്വാത്മാനം പ്രകടീകരോധി ഭജതാം യോ ഭദ്രയാമുദ്രയാം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയുതം ശ്രീ ദക്ഷിണാമൂർത്തയെ ഏറ്റവും വലിയ ഗുരു ആ സർവേശ്വരൻ ഹൃദയത്തിൽ സദാ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു ശരീരം മാറണോ ജാഗ്രത സ്വപ്നം സുഷുപ്തി മുതലായ അവസ്ഥകളൊക്കെ വന്നിട്ട് പോകുമ്പോഴും യാതൊരു മാറ്റമില്ലാതെ പരിണാമമില്ലാതെ എപ്പോഴും ഒരേ അനുഭവമായിട്ട് നമുക്കൊക്കെ ഉണ്ട് എല്ലാവരുടെ ഉള്ളിലും ബാക്കിയൊക്കെ വന്നിട്ട് പോകും പല ഭാവങ്ങൾ വന്നിട്ട് പോകും ആ ഭാവങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനുണ്ട് ആ ഭാവം വരുമ്പോഴും ഞാനുണ്ട് ആ ഭാവം പോയപ്പോഴും ഞാനുണ്ട് ഞാൻ അതേപോലെ ഇരിക്കും ഭാവങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഒന്ന് തിരശീല പോലെ വന്നിട്ട് പോയി വരുമ്പോ ആ ഭാവത്തിൽ അഭിമാനമുണ്ടെങ്കിൽ ആ ഭാവത്തിനെ താനെന്ന് ധരിക്കും കോപം എന്നുള്ളത് വരുന്നു കോപം വേറെ ഞാൻ വേറെ കോപം ഒരു വികാരമായിട്ട് പൊന്തും പൊന്തുമ്പോ നമ്മൾ എന്ത് ചെയ്യും കോപം വരണൂ എന്ന് അറിയും നമ്മൾ ആരുടെ ശണ്ട കൂടുമ്പോ എനിക്ക് ദേഷ്യം വരണോ എന്ന് പറയും അപ്പൊ ദേഷ്യം വേറെ ഞാൻ വേറെ പക്ഷെ അടുത്ത ക്ഷണം എന്താണ് ആ ദേഷ്യത്തിൽ വീണുപോയിട്ട് ദേഷ്യമേ ഞാനായിട്ട് തീരും ഐഡന്റിഫിക്ക അതാണ് പ്രകൃതി പുരുഷ സംയോഗം പ്രകൃതിയെ താനായിട്ട് കരുതിയാൽ പ്രകൃതിയിൽ എന്ത് കോപമുണ്ടായാൽ ഞാൻ കോപി കാമം ഉണ്ടായാൽ ഞാൻ കാമി അസൂയ ഉണ്ടായാൽ ഞാൻ അസൂയി ഏത് ഭാവം ആ പ്രകൃതി വികാരമാണിതൊക്കെ അപ്പോ ഇതൊന്നും ഞാനല്ല യഥാർത്ഥ ഞാൻ എല്ലാറ്റിനു പുറകിലും അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കണം അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് പിരിച്ചിട്ട് ഈ ഞാൻ എന്താണോ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചു നോക്കിയാൽ അഹങ്കാരൂപമായി ഞാൻ അവിടെ മറയും അഹമഹമെന്ന് അരുളു അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ഞാൻ ഞാൻ ഞാൻ എന്ന് അരുളുവതൊക്കെ പറയുന്നത് എല്ലാവരും പറയണു അനുസ്യൂതം ജപിക്കുന്നു ബൃഹചാരണ്യ ഉപനിഷത്ത് പറഞ്ഞു ഭഗവാന്റെ ഏറ്റവും വലിയ നാമമാണത്രേ അഹം എന്നുള്ളത് അഹം നാമ അഭവത് അതിനുശേഷമാണ് പ്രണവം പോലും പൊന്തിയത് ഞാൻ എന്നുള്ള ഉണർവ് ഉണ്ടായ ശേഷമാണ് പ്രണവം പോലും ജപിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആർക്ക് ജപിക്കാൻ പറ്റും ഈ ജപിക്കണവൻ അവിടെ അപ്പൊ ഈ ജപിക്കുന്ന ഞാൻ അവിടെ ഉള്ളതുകൊണ്ടാണോ ബാക്കിയുള്ളതൊക്കെ നടക്കണം അപ്പൊ ജപിക്കുന്നതായി ഞാൻ ജപം ചെയ്യുന്നതായി ഞാൻ ഭക്തി ചെയ്യുന്നതായി ഞാൻ ഭഗവാനെ കാണണമെന്ന് ആശിക്കുന്ന ഈ ഞാൻ ധ്യാനിക്കണം എന്ന് ആശിക്കുന്ന ഈ ഞാൻ ധ്യാനം പരിശീലിക്കുന്ന ഈ ഞാൻ എല്ലാത്തിനു പുറകിലും അനുസ്യൂതം അനുവർത്തമാനം അനുവർത്തിച്ചുകൊണ്ടേയിരിക്കും ആ ഞാൻ എന്താണ് ഈ ഞാൻ ആരാണ് ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കിയാൽ ഞാൻ എന്നുള്ള വികാരത്തിന്റെ സ്ഥാനത്ത് ഞാൻ എന്നുള്ള ബോധം പ്രകാശിക്കും ഞാൻ എന്നുള്ള വികാരത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നുള്ള ബോധം പ്രകാശിക്കും അല്പമായ വസ്തു പോയി അഖണ്ഡാകാശമായി വിരിഞ്ഞു നിൽക്കും അല്പമായ വസ്തുപോയി അഖണ്ഡബോധമായി ചിതാകാശമായി വിരിഞ്ഞു നിൽക്കും അതില് ഭേദമേ ഇല്ല വികൽപ്പങ്ങളൊക്കെ അകന്നുപോയി സർവപ്രാണികളുടെയും ഹൃദയത്തിൽ അത് ര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യതേ പക്ഷി മൃഗങ്ങള് എല്ലാറ്റിന്റെ ഉള്ളിലും ഞാൻ ഞാൻ ഇതേ അഖണ്ഡ വസ്തു ജ്വലിക്കും അപ്പോ അത് കണ്ടെത്താൻ ഉള്ള വഴിയാണ് ജ്ഞാനമാവുന്ന അഗ്നിയെ ഉള്ളിൽ ജ്വലിപ്പിക്കണം ഈ ബോധത്തിനെ ഒന്ന് സ്പർശിച്ചാൽ ആ ബോധമേ അഗ്നിസ്വരൂപം ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ ജോലിച്ചാൽ ഇത് കണ്ടെത്താം ശരീരം വേറെ ഞാൻ വേറെ ശരീരം ചന്ദ്രനെ പോലെ വളർന്നുകൊണ്ടിരിക്കും ക്ഷയിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഞാൻ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല ശരീര ചന്ദ്രന്റെ കലയാണോ ബാധിക്കപ്പെടുന്നത് ചന്ദ്രൻ ബാധിക്കപ്പെടുന്നില്ല അതുപോലെ യഥാർത്ഥത്തിൽ ഞാൻ ബാധിക്കപ്പെടുന്നില്ല സൂര്യനിൽ നിന്നും അതുപോലെ തന്നെ ജ്ഞാനം പഠിച്ചു സൂര്യൻ ആത്മാവിനെ പോലെ സദാ ഭാസിച്ചുകൊണ്ടേയിരിക്കും സൂര്യനെ അത്യാവശ്യം മേഘം മറച്ചാൽ നമ്മൾ പറയും സൂര്യനെ മേഘം മറച്ചു പക്ഷെ സൂര്യനെ ഒന്നും മേഘം മറച്ചില്ല നമ്മളുടെ ദൃഷ്ടിയാണ് മറച്ചിരിക്കുന്നത് സൂര്യനിൽ നിന്ന് എത്രയോ ചുവട്ടിലാണ് മേഘം പ്ലെയിനിൽ പോകുമ്പോൾ മേഘമൊക്കെ ചുവട്ടിൽ കാണും അപ്പൊ സൂര്യൻ മേഘത്തിനെ മറിച്ച് മേഘം സൂര്യനെ മറച്ചില്ല നമ്മളുടെ കണ്ണിനെ മറച്ചു അതുപോലെ ആത്മാവിനെ അജ്ഞാനമൊന്നും മറച്ചിട്ടില്ല അജ്ഞാനം ഉണ്ടെന്ന് പോലും അറിയണത് ആത്മപ്രഭാവം കൊണ്ടാണ് അപ്പൊ ആത്മാവിനെ അജ്ഞാനം ഒന്നും മറച്ചിട്ടില്ല അജ്ഞാനം ബുദ്ധിയെ മറച്ചു അപ്പൊ ബുദ്ധിയിൽ നിന്നും അജ്ഞാനത്തിനെ നീക്കിയാൽ എപ്പോഴും നിരസ്തകുഹകം സത്യം മറവില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തിനെ താനെന്ന് കണ്ടെത്താം ഇപ്പൊ തന്നെ ഉള്ളതായിട്ട് കണ്ടെത്താം അതാണ് പുഷ്ടിർനഷ്ടി കലാനാം ശശിനാത്മനോസ്തീതി വിദ്യാം തോയാതിവ്യസ്ത മാർത്താണ്ഡവതപിച്ച് തനുഷു ഏകതാം തൊത്പ്രസാദാ മാർത്താണ്ഡെന്ന് വെച്ചാൽ സൂര്യൻ സൂര്യൻ ഒരു പത്തുകൊടത്തിൽ വെള്ളം നിറച്ചു വെച്ചാൽ കൊടത്തിലും പ്രതിബിംബിക്കും ഒരു കുടത്തിലെ വെള്ളം നീല കളറാണെങ്കിൽ സൂര്യൻ നീല കളർ പോലെ തോന്നും ഒരു കുടത്തിലെ വെള്ളം പച്ച കളറാണെങ്കിൽ സൂര്യൻ പച്ച കളർ പോലെ തോന്നും ഒരു കുടത്തിലെ വെള്ളം ചവന്ന കളറാണെങ്കിൽ സൂര്യൻ ചവപ്പ് പോലെ തോന്നും പക്ഷെ വാസ്തവത്തിൽ സൂര്യനെ ഈ കളർ ഏതെങ്കിലും ബാധിക്കണുണ്ടോ സൂര്യന് കളറുണ്ടോ യാതൊരു കളറുമില്ലാത്ത സൂര്യൻ അതാത് കുടത്തിലെ വെള്ളത്തിൽ അതാത് കളറിൽ പ്രതിബിംബിക്കണ പോലെ ഏകവും അദ്വയവുമായ ബ്രഹ്മം സ്ത്രീ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഞാൻ സ്ത്രീ എന്നൊരു തോന്നുന്നു പുരുഷ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഞാൻ പുരുഷൻ ഒരു തോന്നൽ നായിയുടെ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അതിന് നായി ഭാവം പൂച്ചയുടെ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പൂച്ചയുടെ ഭാവം പുലിയുടെ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പുലിയുടെ ഭാവം എല്ലാത്തിലും ഈ ബോധം പ്രതിബിംബിക്കണു പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യൻ ബാധിക്കപ്പെടാത്തതുപോലെ ബ്രഹ്മം ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തോയാതിവ്യസ്തമാർത്താണ്ഡവതപി ബാക്കിയുള്ള അനേക ഗുരുക്കന്മാരുണ്ട് ഇവരിൽ നിന്നൊക്കെ ഓരോ തത്വം പഠിച്ചു പ്രാവിൽ നിന്ന് പഠിച്ചു പക്ഷിയെ ഒരു വേടൻ പിടിച്ചത് കണ്ടു അപ്പോ കൂട്ടില് പ്രാവ് ആൺപക്ഷിയും പെൺപക്ഷിയും പ്രാവ് കുട്ടികളും ഒക്കെ വലയിൽ കുടുങ്ങി അത് കണ്ടപ്പോ അവധൂതന് മനസ്സിലായി നമ്മളും ഇങ്ങനെ ആസക്തി കാരണം യമന്റെ വലയിൽ കുടുങ്ങും എന്റെ എന്റെ എന്റെ കുടുംബം എന്റെ കുട്ടികളെ എന്റെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ വലയിൽ കുടുങ്ങും മേ മേ മേ എന്ന് പറഞ്ഞ് വലയിൽ കൊടുക്കും ആ ഈ കാരണമാണ് ഈ സംസാരത്തിൽ കുടുങ്ങണത്തോന്ന് പഠിച്ചു അത്രയും നീലകണ്ഠദീക്ഷിതരൊരു സുഭാഷിതം പറയണോ നീലഖണ്ഠദീക്ഷിതർ അഭയദീക്ഷിതരുടെ ബന്ധുവാണ് വലിയ തപസ്വി ശിവഭക്തർ അദ്ദേഹം ധാരാളം സുഭാഷിതങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ ഒരു വലിയ പണക്കാരൻ വന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാനുള്ളത് എന്റെ വീട് വലിയ ബംഗളാവാണ് കെട്ടിയിട്ടുണ്ട് എന്റെ വീട്ടിൽ ധാരാളം പശുക്കളുണ്ട് എന്റെ മകനെ കല്യാണം നോക്കി കഴിഞ്ഞു നല്ല ജോലി ധാരാളം സമ്പാദിക്കുന്നുണ്ട് ഇതല്ലേ രണ്ടുപേര് ചേർന്ന ഇതൊക്കെയുള്ളൂ വർത്തമാനം ഒന്നിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പുളിട്ട് വിട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആരുടെങ്കിലും മണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കും ഇതേ പറയാനുള്ളൂ അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ നീലഖണ്ഠ ദീക്ഷിതർക്കും മതിയായി ഇയാളുടെ വർത്തമാനം കേട്ടിട്ടു അപ്പൊ നേരെ ഇയാൾ ഒരു ദിവസം ഒന്ന് വർത്തമാനം പറയുമ്പോ അവിടെ ഒരു കെട്ടിയിട്ടുണ്ട് ആടും മേ മേ മേ എന്ന് നിലവിളിച്ചോണ്ടിരിക്കുന്നു ഇയാളും ഞാൻ ഞാൻ ഞാൻ രണ്ടും സംസ്കൃതത്തിൽ മേ എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഞാൻ എന്റെ സംസ്കൃതത്തിൽ ആടും മേ മേ എന്ന് പറയണു നീലകണ്ഠ ദീക്ഷിതർ ചോദിച്ചു നിങ്ങളെ കുറിച്ച് ഞാനൊരു ശ്ലോകം ചൊല്ലട്ടെ എന്ന് ചോദിച്ചു അയാൾക്ക് വലിയ സന്തോഷമായി എന്താന്ന് വെച്ചാൽ സാധാരണ രാജാക്കന്മാരെയൊക്കെയാണ് സ്തുതിക്കുക നീലകണ്ഠ ദീക്ഷിതരെ പോലെ ഒരു കവി തന്നെ സ്തുതിക്കു വെച്ചാൽ അതിനേക്കാളും വലിയൊരു പെരുമയെന്തുണ്ട് പറഞ്ഞോളൂന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചൊല്ലി ദാട് ഇയാള് ഗൃഹ മേ പശവശ മേ മേ ൃഗേണനീത ഈ ആട് മേ മേ മേ നിലവിളിച്ചുകൊണ്ടിരുന്ന അവസാനം കുറുക്കം പിടിച്ചോണ്ട് പോകും അതുപോലെ എൻറെ മേ ധാരനയായി എൻറെ കുട്ടികളെ എൻറെ ഭാര്യയായി എൻറെ സമ്പത്ത് എന്റെ വീട് എൻറെ എന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മളീ ഒരു കുറുക്കം പിടിക്കും അത്ര ഏത് കുറുക്കൻ എന്ന് വെച്ചാൽ യമനാവുന്ന കുറുക്കൻ അവസാനം പിടിച്ചോണ്ട് പോകും കാല വൃക്കേണ നീതഹ അപ്പോ ഈ പ്രാവിൽ നിന്നും ആ തത്വം പഠിച്ചു ഗൃഹത്തിൽ ആസക്തനായിക്കൊണ്ടിരുന്നാൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഇരിക്കണം അനാസക്തനായിരിക്കണം എന്ന് പഠിച്ചു മലമ്പാമ്പ് ഒരിടത്തെ കിടന്ന് കിട്ടിയത് തിന്നിട്ട് സമാധാനമായിട്ടിരിക്കും അതുപോലെ മനുഷ്യനെ അറിയണില്ല കിട്ടിയത് തിന്നിട്ട് സമാധാനമായിട്ട് ശാന്തിയായിട്ടിരിക്കാൻ കഴിയുമെങ്കിൽ അതുവേ വലിയ അനുഗ്രഹം ഭക്ഷണത്തിന് ഭക്ഷണം കൊണ്ട് മാത്രം നിർത്തിപ്പെടുന്നവൻ വലിയ ആണ് വി അജകരം അജകരത്തിനെ കണ്ടൊരു തത്വം പഠിച്ചു ഈ പാമ്പ് ഒരിടത്ത് വായും പൊളിച്ചു കിടക്കണു മുയലോ മറ്റോ ഒക്കെ ഇതിന്റെ വായിൽ വീഴും അപ്പൊ ഇത് കണ്ടപ്പോ അവതൂതൻ ആശ്ചര്യം തോന്നി എന്ത് സാമർത്ഥ്യം ഒത്തിരി പണിയെടുക്കാതെ ഒരിടത്ത് കിടക്കണു ആഹാരം കിട്ടണു സന്യാസിയും ഇതുപോലെ ഇരിക്കണം എന്ന് പഠിച്ചു അത്രേ സന്യാസിയും ഇതുപോലെ ഇരിക്കണം എന്നാ സന്യാസി വേണ്ടാത്ത പ്രവർത്തിയിൽ പോയി കുടുങ്ങരുത് ഇതുപോലെ അചകര വൃത്തി വന്നാൽ കഴിക്കാം അങ്ങനെ ഒരു വൃത്തി ഭർതൃഹരി ഒരു പാമ്പിനെ ഒരാള് പെട്ടിയിലിട്ട് പൂട്ടിയത്രയും പെട്ടിയിലിട്ട് പൂട്ടിയപ്പോ ആ പാമ്പ് ചാവുവോ നോക്കാൻ വേണ്ടിട്ടാ ഒരു ദിവസം കഴിഞ്ഞപ്പോ ഒരു എലി ആ പെട്ടി ഒരു ദ്വാരം ഉണ്ടാക്കി ഉള്ളിൽ പോയിന്നാണ് പാമ്പ് ആ എലിയെ തിന്നിട്ട് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു അപ്പൊ അതിൽ ജീവിക്കാനുണ്ടെങ്കിൽ കൊല്ലണം എന്ന് പോലും പറ്റില്ല ഈശ്വരൻ നിശ്ചയിച്ചിരിക്കണം അപ്പൊ ആ അജകരത്ത് നിന്ന് ആ ഒരു തത്വം പഠിച്ചു ആ പാമ്പിനൊരു നമസ്കാരം കൊടുത്തു പ്രാപ്തം പ്രാസ്നൻ സഹേയം ക്ഷുതമാപ്പി ഷയുപത്ത് അഗാധ സമുദ്രത്തിനെ പോലെ ഞാൻ ആഴമുള്ളവനായിരിക്കണം സമുദ്രം എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ക്ഷുഭിതമാവില്ല ആഴത്തിലുള്ള സിന്ധു ആഴം കൂടുന്തോറും അലയില്ലാതിരിക്കും അപ്പൊ അതുപോലെ സിന്ധുവത്യാം അഗാധ സിന്ധുവിനെ പോലെ ഗുരുവായൂരപ്പ ഞാനും നല്ല ആഴമുള്ള ആഴം എവിടെ വരണം ഉള്ളില് ആത്മാവിൽ ഇറങ്ങണം വെളിയിലൊക്കെ ബോറിട്ടിട്ട് വെള്ളം എടുക്കണം അതുപോലെ ഉള്ളില് ബോറിടണം പലർക്കും ബോർ അടിക്കണോ ആ ബോർ അടിക്കുമ്പോ ആർക്ക് ബോറടിക്കണെന്ന് നോക്കണം എന്തുകൊണ്ടാ ബോറടിക്കുന്നത് ഏ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് ബോറടിക്കുന്നത് എന്തുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുമ്പോ ബോറടിക്കണോ തനിയെ ഇരിക്കുന്നത് കൊണ്ട് ബോറടിക്കണം തനിയെ ഇരിക്കുമ്പോ എന്തുകൊണ്ട് ബോറടിക്കണോ എന്റെ മനസ്സ് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കണു അതുകൊണ്ട് ബോറടിക്കണം അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ബോറൻ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സാണ് അപ്പൊ തന്നെ തനിയെ ഇരിക്കുമ്പോ തന്നെ വെച്ചുകൊണ്ട് മഹാബോറായിരിക്കണമെന്നർത്ഥം തന്നിൽ ബോറിടണം ബോറിട്ടാൽ ആഴത്തിൽ കുഴിച്ചിറങ്ങിയാൽ ആ ആഴത്തിൽ ഒരു വസ്തു പ്രകാശിക്കും ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും ജ്ഞാനമാവുന്ന തീർത്ഥമെടുത്ത് കുടിക്കണം ആ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഞാനമാവുന്ന തീർത്ഥമെടുത്തു കുടിച്ചാൽ മനസ്സിന് ശാന്തി ഉണ്ടാവും അങ്ങനെ പഠിച്ചു പിന്നെ അഞ്ച് ഉദാഹരണം അഞ്ച് പേര് തേൻവണ്ട് ആന മാന് ശലഭം പിന്നെ കുരംഗ മാതങ്ക് പതങ്ക്ീന മീന മത്സ്യം ഇങ്ങനെ അഞ്ചെണ്ണം ഇത് അഞ്ചും അഞ്ചു ഇന്ദ്രിയങ്ങളുടെ പ്രതിനിധികളാണ് മാന് കാട്ടെ സംഗീതമൊക്കെ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങടൊക്കെ ഓടും പാട്ടുപാടുന്നതും താളവ്യാദ്യങ്ങളും മുഴക്കുന്നതും കേട്ട് ആ ശബ്ദത്തിലുള്ള ആസക്തി കാരണം ഓടി വലയിൽപ്പെടും അതുപോലെ ഗുരുവായൂരപ്പ ഞാനും ഈ മാനിനെ പോലെ കൊടുങ്ങാതിരിക്കണം ആദ്യം പറഞ്ഞത് ഇവിടെ ഉദാഹരണവുമായി എടുത്തത് മാനിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു മാമുഖം ഗ്രാമ്യ അതാണ് ഇവിടെ പട്ടത്തിന്റെ അടുത്ത് ഗ്രാമ്യഗീതം ഗ്രാമ്യഗീതം നശുയാ ഗ്രാമ്യഗീതം കേട്ടിട്ട് വീണുപോകരുത് എന്നാണ് മാമുഖം ഗ്രാമ്യഗീതി അതായത് മനസ്സ് അല്പമൊന്ന് ശാന്തമായിരിക്കുമ്പോൾ ഗ്രാമ്യഗീതം കേട്ടാൽ ഇളകും ഗ്രാമഗീതം എന്ന് വെച്ചാൽ വേണ്ടാത്ത വിചാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാട്ടുകളും മറ്റുമൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഇളകും അപ്പൊ മാമുഹം ഗ്രാമ്യ ഗീതൈ ഡാങ്കുത്ത് പാട്ടുകളൊന്നും കേൾക്കരുതെന്നർത്ഥം ഭക്തി ഇല്ലെങ്കിൽ സംഗീതം എന്ത് സംഗീതം സംഗീതജ്ഞാനമോ ഭക്തിവിനാ സന്മാർഗമോ ഗളദേവോ മനസ ത്യാഗരാജസ്വാമികൾ അങ്ങനെ പാടി സംഗീതജ്ഞാനം ഭക്തി ഇല്ലെങ്കിൽ അതെന്തിനു കൊള്ളും സംഗീതം പറയാം അങ്ങനെ സംഗീതം എന്ന് പറയാൻ പറ്റില്ല സംഗീതം പാടുമ്പോ ഭഗവാൻ തലയാട്ടുണ്ടോ നോക്കണോ അത്രേ മറ്റുള്ളവർ തലയാട്ടുണ്ടോ നോക്കാൻ പാടില്ല നിധിശാല സുഖമു രാമുനി സന്നിധി സേവാ സുഖമ നിജമുഖ പൽകു മമതാ ബന്ധനയുത നരസ്തുതി സുഖമ ത്യാഗരാജസ്വാമികൾ പാടി ആളുകൾ സ്തുതിക്കണത് സുഖമാണോ രസിക ശിരോമണി രാശരഥെ രാമൻ രസിക ശിരോമണി അത്രേ ഭഗവാൻ രസിക്കണം അപ്പൊ സംഗീതം ഭഗവത് ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവത് പ്രസാദത്തിന് വേണ്ടിയാണ് അതല്ലാത്ത സംഗീതം കേട്ട് ചെവിയും മനസ്സും കേടുവരുത്തരുതാണ് അങ്ങനെ സംഗീതം മാപപ്തം യോഷിതാ തോഷിഗിനി ശലഭവത് ഭൃംഗവത്സാര ഭാഗീ ഭൂയാസം ഹിന്ദു തദ്വത് ധനചയനവശാത് മാഹമീശപ്രണേശം അടുത്തത് ഈ ശലഭം തീ കൊളുത്തിവെച്ചാൽ തീയില് മഴ മഴക്കാലത്ത് ഈ പാറ്റ ഇങ്ങനെ വന്നു വീഴും പാറ്റ വന്നിട്ട് തീ കണ്ടു കഴിഞ്ഞാൽ അതിൽ പോയി വീഴും അത് മുമ്പിലുള്ള പാറ്റകളൊക്കെ തീയിലെരിഞ്ഞാലും ഈ പുറകെ വരണ പാറ്റകളും ഉണ്ടാതിരിക്കില്ല അതൊക്കെ പോയി വീഴും അതേപോലെ ആകർഷണം കണ്ണിനുള്ള ആകർഷണം കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണാനുള്ള ആഗ്രഹത്തിൽ അതിൽ പോയി വീണാതിരിക്ക വീഴാതിരിക്കണേ ഭഗവാനെ അതിൽ നമുക്ക് ഇപ്പോ പ്രത്യക്ഷ ഉദാഹരണമാണ് ടി അത് വന്ന ശേഷം നാമം ജപിക്കലില്ല സങ്കീർത്തനമില്ല ഒന്നിന് സമയമില്ല അതിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഭഗവാനെ ടി വിയിൽ വീണിട്ട് മനസ്സ് എന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൊണ്ട് പലതും കാണാനുള്ള ആഗ്രഹം അല്ലെ മനസ്സിന് ശാന്തി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ പോയി ഇരിക്കണം നമുക്ക് തോന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു വ്യവഹാരത്തിന് യുക്താഹാര വിഹാരസ്യ ഒരു വിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ആയാൽ കുഴപ്പമില്ല പക്ഷേ സദാ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ വിട്ടുകളഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടാൽ നഷ്ടം നമുക്കാണ് അപ്പോ കണ്ണിന് ഈ ശലഭത്തിനെ പോലെ ശലഭം കുരങ്ക് മാതങ്ക് പതങ് മീന് മത്സ്യം മത്സ്യം നാക്കിന് നാക്കിന് അടിമപ്പെട്ടിട്ട് സമാധ് മരിച്ചു പോകണം വലയിൽ കൊടുക്കണം ചൂണ്ടയില് കൊടുക്കണം അതുപോലെ നാക്കിന് അടിമാ നാക്കിന് വേണ്ടിയിട്ടാണ് എത്ര വസ്തുക്കൾ സാധനങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം എന്നാലോ നാക്കിന് രുചിക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങൾ കണ്ടുപിടിച്ചു അത് ഇതുവരെ പോണവരെയുള്ള രുചി നാക്കിന്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നൊന്നും അറിയില്ല നാക്കിന്റെ ആ ഏരിയയിൽ മാത്രമേ ഉള്ളു രുചി രുചി നോക്കണ്ട എന്നല്ല രുചിച്ച് ഭക്ഷിക്കാം പക്ഷെ രുചിക്ക് വേണ്ടി മാത്രം തിന്നുകൊണ്ടേ ഇരിക്കുക വിശപ്പ് കഴിഞ്ഞാലും തിന്നുകൊണ്ടിരിക്കുക വയറ് കേടുവരും ശരീരം കേടുവരും മനസ്സ് കേടുവരും എല്ലാം കേടുവരും നാക്കിന് ചുവട്ടിൽ പോയാൽ എത്ര നല്ല ഭക്ഷണവും അശുദ്ധമാവും ഒരു ഗുരു പറഞ്ഞു ഒരു ശിഷ്യനോട് ശിഷ്യൻ നല്ല വിനയമുള്ളവനാണ് ആ വിനയത്തിൽ ചിലപ്പോൾ ഒരു അഹങ്കാരം വന്നു പോകുമല്ലോ അത് നീക്കാൻ വേണ്ടിയിട്ട് ഗുരു പറഞ്ഞു തന്നെക്കാളും താണ ഒരു വസ്തു എടുത്തോണ്ട് വരിക രാമകൃഷ്ണദേവൻ പറയണ കഥയാതൊരു ഈ ശിഷ്യൻ എവിടെ തെരഞ്ഞിട്ടും തന്നെക്കാളും താണോ ഒരു വസ്തു കിട്ടിയില്ല അവസാന അയാൾ കണ്ടുപിടിച്ചു വിസർജനം ചെയ്ത മലം അയാൾ എടുക്കാൻ പോയി അത്ര എടുക്കാൻ പോയപ്പോ അതവിടുന്ന് പറഞ്ഞു തൊട്ടുപോകരുത് ഞാൻ ഒരു കാലത്ത് നല്ല ജിലേബി ആയിരുന്നു താൻ ഒരിക്കൽ വായിലിട്ടപ്പോഴാണ് ഈ സ്ഥിതി വന്നത് ഇനി രണ്ടാമതൊരു ആവശ്യം താൻ തൊട്ടാൽ എന്റെ സ്ഥിതി എന്താന്ന് പറയാൻ വയ്യാന്ന് ഈ ശരീരം എന്തിനെ തൊട്ടു അതിനെയൊക്കെ അശുദ്ധമാക്കും അപ്പോ നാക്ക് കഴിഞ്ഞോ കഴിഞ്ഞു അല്ലേ അപ്പൊ നാക്കിനോടുള്ള രുചിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണു എത്ര കഷ്ടപ്പെടണു മനുഷ്യൻ എത്ര വിഷമിക്കണു ഋഷികേശല വളരെ വയസ്സായ ഒരു സ്വാമി അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ പറഞ്ഞ കഥയാണ് വളരെ വയസ്സായ സ്വാമി വളരെ ബഹുമാന്യനാണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ഇല്ല സമാധിയായി വളരെ വശങ്ങളുമായി അദ്ദേഹം ഒരിക്കല് ഒരു കടയില് ധാരാളം ജിലേബി വെച്ചിരിക്കും അടുക്കി അടുക്കി വച്ചിരിക്കും ഇപ്പൊ അദ്ദേഹം കൊറേ നേരം ആ കടയുടെ മുമ്പിൽ പോയി നിന്നു നല്ല തപസ്വി നല്ല ഭക്തൻ പക്ഷെ ആ ഏരിയയില് അദ്ദേഹത്തിന് ആർക്കും അറിയില്ല അദ്ദേഹം എന്ത് വെച്ചാൽ ജിലേപ്പി ചുവട്ടിലുള്ള ജിലേപ്പി മുതൽ മേലെയുള്ള ജിലേപ്പി വരെ എല്ലാത്തിനെയും നക്കി എത്രയും അവിടെ ഉള്ളവരെല്ലാരും കൂടെ നല്ലവണ്ണം അടിച്ചു അദ്ദേഹത്തിന് അടിച്ച് ചുവട്ടിലിട്ടു നടന്ന സംഭവമാണ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അടിയൊക്കെ വാങ്ങിച്ചു ചോര ഒലിച്ച് കിടക്കണു ആരോ ഒന്ന് പോയി പിന്നെയാണ് ആളുകൾ കറിഞ്ഞത് വലിയൊരു മഹാത്മാവാണ് അദ്ദേഹം എന്തിനിങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിന് ഒന്ന് ചികിത്സിച്ചൊക്കെ ഒന്ന് ഭേദമായപ്പോ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ ജിലേപ്പി വലിയ ആശയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈരാഗ്യമുണ്ടായി എല്ലാം വിട്ടുപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്ന് ഇത്ര വർഷമായിട്ടും ഈ ജിലേപി തിന്നാനുള്ള ഈ ആസക്തി ഉള്ളൊന്നും ഇനിയും പോയിട്ടില്ലേ അത് ഇന്നത്തോടെ പോയി അതിനു വേണ്ടിയിട്ട് അത്ര ചെയ്തു അത് ഇന്നത്തോടെ പോയി അതിനുള്ള രുചി ഇപ്പോഴും നിക്കണോ അത് പോയി അപ്പൊ നാക്ക് കുരങ്ക മാതങ്ക് പതങ് മീന് ആന ആനസ്പർശം സ്പർശത്തിലുള്ള സുഖം കാരണം തന്നെ ആനക്കുഴിയിൽ വീഴണു അതുപോലെ സ്പർശസുഖത്തിന് അടിമപ്പെട്ട് കുരങ്ക മാതങ്ക പതങ് മീന ഭൃങ്ക തേൻ വണ്ട് മൂക്കിനടിമ പുഷ്പത്തിന്റെ സുഗന്ധം ആ പുഷ്പത്തില് തേൻ കുടിച്ചിരിക്കുമ്പോ അതിൽ കുടുങ്ങിപ്പോകും അതുമാത്രല്ല എത്രയോ ഇടത്തുനിന്ന് തേൻ ശേഖരിച്ചു കൊണ്ടുവന്ന് വെക്കും മറ്റാരെങ്കിലും എടുത്തോണ്ട് പോകും ഇതുപോലെ ചിലര് ജീവിതം മുഴുവൻ പണം ശേഖരിക്കും വേറെ ആരെങ്കിലും ഉപയോഗിക്കും ഈ വണ്ടിനെ കൊല്ലുകയും ചെയ്യും തേൻ തേനീച്ചയെ കൊല്ലുകയും ചെയ്യും ഇതുപോലെ തേനീച്ചയിൽ നിന്ന് അങ്ങനെ ഒരു പാഠം പഠിച്ചു വേറെ പാഠം തേനീച്ച പല പുഷ്പങ്ങളിൽ നിന്ന് തേൻ എടുക്കുന്ന പോലെ ശാസ്ത്രങ്ങളിൽ നിന്നും സത്സംഗത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അല്പ അല്പ അല്പ അല്പമായിട്ട് സാരം ഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെ ഈ അഞ്ചു പേരിൽ നിന്നും ഓരോന്ന് പഠിച്ചു ഇങ്ങനെ പിങ്കള എന്ന് പറയുന്ന ഒരു വേശ്യ അവളിൽ നിന്ന് പഠിച്ച പാഠം ഈ പിങ്കള ഈ ജീവനാണ് അനേകം പേരെ ആശ്രയിക്കുക അതാണല്ലോ നീചവൃത്തി അതുപോലെ ഈ ജീവൻ അനേക വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു അതിൽ നിന്ന് സുഖം കിട്ടും ഇതിൽ നിന്ന് സുഖം കിട്ടും പല വസ്തുക്കളിലും സുഖം കിട്ടും എന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കണതാണ് പിങ്കളയുടെ വൃത്തി അതേപോലെ ഈ ജീവനും പല ഇന്ദ്രിയങ്ങളിലൂടെയും അനേക വസ്തുക്കൾ കിട്ടും കിട്ടുന്ന ഉള്ളിലുള്ള ഏക വസ്തുവിനെ വിട്ടിട്ട് അലഞ്ഞുകൊണ്ടിരിക്കും ഈ പിങ്കള അവസാനം വൈരാഗ്യം ഉണ്ടായിട്ട് പറഞ്ഞു സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജ്ഞ എന്റെ ഹൃദയത്തിലുള്ള രമണനെ വിട്ട് സന്തം സമീപേ രമണം രതിപ്രദം ആത്മാവായിട്ടുള്ള രമണനെ വിട്ട് വെളിയിലുള്ള വസ്തുക്കളൊക്കെ എന്നെ സുഖിപ്പിക്കും എന്ന് പറഞ്ഞ് അലഞ്ഞുകൊണ്ടിരുന്നുവല്ലോ ഞാൻ വിത്തപ്രദം അതിൽ നിന്ന് സുഖം കിട്ടും ധനം കിട്ടും എന്ന് അലഞ്ഞുവല്ലോ ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് ആത്മനാരമണേന വൈ ആ പിങ്കളെ പറയണു ഞാനും മഹാലക്ഷ്മിയും സമം അവൾക്ക് എന്ത് ധൈര്യം ഇങ്ങനെ പറയാൻ എന്ന് വെച്ചാൽ അവൾ പറയണത് ഇത്രകാലം ശരീരത്തിനെ വിറ്റ് ഭോഗം വാങ്ങിച്ചു ഇപ്പൊ ഞാൻ എന്നെയേ വിറ്റ് ഭഗവാനെ വാങ്ങിച്ച് ഹൃദയമാവുന്ന അറയിൽ ഞങ്ങൾ വസിക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി വിഷ്ണുവിനെ പിരിയാത്ത പോലെ ഞാൻ ഇനി ആത്മാവിനെ വിട്ടു പിരിയില്ല ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം അത സഞ്ചിന്യകാന്താശാംപ പിങ്കള ആശയെ മുഴുവൻ ഛേദിച്ചു കളഞ്ഞ് പിങ്കള സുഖമായിട്ട് ഉറങ്ങിയത്രേ ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പ നിരാശാ സുപ്യാം പിങ്കളാവൻ നിരാശഹാ സുപ്യാം ഭർത്തവ്യോഗാത് പിങ്കളയെ പോലെ ഭഗവാനെ ഞാനും സുഖമായിട്ട് ഉറങ്ങുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു അടുത്തത് കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയെ ഗുരുവായിട്ടെടുത്ത് മാനാപമാന ചിന്തയില്ലാതെ സുഖമായിട്ട് വിഹരിക്കുക ഒരു അമ്മയും അച്ഛനും കുട്ടിയും ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ കുട്ടി എത്ര സ്വതന്ത്രമായിരിക്കുമോ അതുപോലെ വർത്തേയുഖമി ശിശുവത് നിസ്സഹായ്വരേയം കന്യായ ഏകശേഷോ വലയൈവ വിഭോ വർജിതാന്യോന്യ കുട്ടിയിൽ നിന്നും സ്വാതന്ത്ര്യം പരിശുദ്ധി ഇതൊക്കെ പഠിച്ചു ഒരു കന്യകയിൽ നിന്നും ഏകമായി സഞ്ചരിക്കണമെന്ന് പറഞ്ഞു കന്യക അരികുത്തണത് കണ്ടു അരിയിടിക്കണത് കണ്ടു കയ്യിലുള്ള വള ശബ്ദം ഉണ്ടാക്കണം അപ്പൊ കയ്യിലുള്ള വളകളൊക്കെ ഓരോന്നായി അഴിച്ചു മാറ്റിയപ്പോ രണ്ടു വള മാത്രമായി ഈ രണ്ടു വളയായപ്പോഴും ശബ്ദം അതും അഴിച്ചു മാറ്റി ഓരോ വളയായപ്പോ ശബ്ദമില്ല അപ്പോ ഇതിൽ നിന്ന് എന്ത് എന്ന് വെച്ചാൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ അനേകം പേരായിട്ട് കൂടി ഇരുന്ന് ധ്യാനിച്ചാൽ ശരിയാവില്ല അപ്പോ ആത്മവിചാരം ചെയ്യുന്നവർ ഭഗവത് വിചാരം ചെയ്യുന്നവർ ഏകയേവ ചരിത്ര കുമാരിയായിവ കങ്കണ താൻ തനിച്ച് ഏകാന്തത്തിൽ ഇരിക്കണം ഇല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും വർത്തമാനം പറയും ഒരുപാട് ആളുകളാണെങ്കിൽ കലഹം രണ്ടുപേരാണെങ്കിൽ വാർത്ത ധാരാളം ആളുകളാണെങ്കിൽ കലഹം ഉണ്ടാവും രണ്ടുപേർ മാത്രമാണെങ്കിൽ വർത്തമാനം പറയാൻ തോന്നും ഇങ്ങനെ അതൊന്ന് പഠിച്ചു ഒരാൾ അമ്പുണ്ടാക്കുന്നത് കണ്ടു ഏകാഗ്രമായിട്ട് അടുത്തുകൂടെ വലിയൊരു രാജാവിന്റെ അകമ്പടിയോടുകൂടെ രാജാവ് പോണത് കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് അറിഞ്ഞില്ല ഇതുപോലെ ഏകാഗ്രതയോട് ഭഗവത് ഭജനം ചെയ്യണം പഠിച്ചു ഭ്രമരം എട്ടുകാൽ ചിലന്തി ചിലന്തി വല കെട്ടണ പോലെ സർവേശ്വരൻ കൃപാവല കെട്ടുന്നു എന്നിട്ട് ചിലന്തി ആ വലയ്ക്കുള്ളിൽ പ്രാണികളെ കൊടുക്കുന്ന പോലെ സർവേശ്വരൻ ജീവനെ കൃപാവലയിൽ കുടുക്കി തന്നോട് ചേർക്കുന്നു ചിന്തിത്ത് അരുൾപെട ചിലന്തി പോൽ കട്ടി ശിറയിട്ട് ഉണ്ടനൈ അരുണാചലം ഭഗവാൻ രമണ മഹർഷി പാടി ഹേ അരുണാചല അവിടുന്ന് കൃപയാവുന്ന വല കെട്ടിയുരു ചിലന്തിയെ പോലെ എന്നിട്ട് അതില് ഞാൻ കുടുങ്ങി ഞാൻ കുടുങ്ങിയപ്പോ ആ വല പതുക്കെ ചുരുക്കി ഈ പ്രാണിയെ ചിലന്തി വിഴുങ്ങുന്ന പോലെ ഭഗവാൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞുകൊണ്ട് അതേപോലെ ചിലന്തി വല കെട്ടുന്ന പോലെ തന്നെ സർവേശ്വരൻ ജഗത് സൃഷ്ടി നടത്തുന്നു ഒരു പാമ്പ് എലിവുണ്ടാക്കിയ മാളത്തിൽ കയറി ഇരിക്കണ പോലെ സന്യാസികൾ എവിടെയെങ്കിലും ഗുഹയിലും സത്രത്തിലും ഒക്കെ ഇരുന്ന് കഴിച്ചുകൂട്ടണമെന്ന് പഠിച്ചു ഭ്രമരം വേട്ടാവളിയെന്ന് അത് ചെറിയ പ്രാണിയെ കൊണ്ട് ഉള്ളിൽ വെച്ചിട്ട് അത് ആ പ്രാണി ഈ ഭ്രമരത്തിനെയേ ചിന്തിച്ച് ചിന്തിച്ച് ഭ്രമരമായിട്ട് തീരും അതുപോലെ ഈ ജീവനും ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ത്വചിന്താ സാതത്യശാലി ത്വചിന്താ ത്വസ്വരൂപം ഗുരുത ദൃഢം ശിക്ഷയെ പേഷകാരാത് ഭ്രമരത്തിൽ നിന്ന് ഇത് പഠിച്ചു ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാര് അവസാനത്ത് ഗുരു ശരീരമേ ഗുരു വിഡ്ഭസ്മാത്മാദേഹോ യോ വിവേകം വിരക്തി സിന്യമാന മമതു ബഹുരുജാ പീഡിതോയം വിശേഷ ഗുരുവായൂരപ്പ ഈ ശരീരം വിഡ്ഭസ്മാത്മാ വിട്ട് എന്ന് വെച്ചാൽ മലം മലഭാണ്ഡം ഭസ്മെന്ന് വെച്ചാൽ അവസാനം കത്തി ചാരമാവാൻ പോണത് ഈ മലഭാണ്ഡമായ ശരീരം അതുവേ ഒരു ഗുരു എന്താന്ന് വെച്ചാൽ ചിന്തിക്കുമ്പോൾ വിരക്തി ഉണ്ടാക്കണു അതുകൊണ്ട് അതൊരു ഗുരു ശരീരത്തിനെ നല്ലവണ്ണം ചിന്തിച്ചു നോക്കിയാൽ തന്നെ വൈരാഗ്യം ഉണ്ടാകും മനുഷ്യന് ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു ഈ ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വിരക്തി വരാത്തവന് വേറെ ഒന്നുകൊണ്ടും വിരക്തി വരില്ല ഭഗവാൻ കൃപ കൊണ്ട് ഒരു തോല് പൊതിഞ്ഞു തന്നിരിക്കണു ഇല്ലെങ്കിൽ കയ്യിൽ വടിയെടുത്ത് നടക്കണം കാക്കകൾ പുറകെ ഓടിക്കും മലമാംസമയം വപുഹു അപ്പോ ഇത് പറഞ്ഞു വെട്ടത്തിരി പറഞ്ഞു ഗുരുവായൂരപ്പ ഇത്ര നേരം ശരീരത്തിലെ വ്യാധി മാറ്റി തരണം എന്ന് പ്രാർത്ഥിച്ച ആള് ഇപ്പൊ പറഞ്ഞു ശരീരബോധത്തിനെ എടുത്തു കളയുക ദേഹാഭിമാനം എടുത്തു കളയുക ഹീഹീമേ ദേഹമോഹം തജ പവന പുരാധീശയത് പ്രേമഹേതോഹോ ഗേഹേ വിളത്രവശിത വിസ്മരത്തി സോയം വന്നേ ശുനോവാ പരമഹരദ സാപ്രദം ചി കർണിഹ്വാദിയകർഷ അവശമതയിോപ്പത് പദീ മേ ദേഹമോഹം തജപവന പുരാധീശ യേമഹേതോഹോം രൂപേ ദേഹമോഹം ശക്തമായ വാക്ക് ദേഹത്തിനോടുള്ള മോഹത്തിനെ എടുത്തു കളയൂ ഇതിനോടുള്ള മോഹം കാരണം ഗേഹേ ബിത്തെ കളത്രാദിഷുച വിവശിതാഹ വീട് അതുപോലെ പണം പത്നി പുത്രൻ ഇതിലൊക്കെ വിവശിതാഹ വീണു പോയിട്ട് ത്വത്പദം വിസ്മരന്തി പ്രഭുവിനെ മറക്കണു ഭഗവാനെ മറക്കണു എന്നാ ഈ ശരീരം ശാശ്വതമായിട്ട് അങ്ങനെ നിൽക്കുവോ അതൊട്ടും നിൽക്കൂല നിർത്തണമെന്ന് വിചാരിച്ചാലും സാധിക്കില്ല എന്നെങ്കിലും ഒരു ദിവസം അത് വീണു പോകും നിർത്തണമെന്ന് വിചാരിച്ചവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് പണ്ട് ഒരു ഒരു നൂറ്റി അമ്പത് നൂറ് വർഷം മുമ്പ് കുംഭകോണത്തില് ഒരു യോഗി മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചു വളരെ പ്രസിദ്ധമായ കഥ മരിക്കാതിരിക്കാനുള്ള മരം മരുന്ന് ആ മരുന്ന് കഴിച്ചാൽ മരിക്കില്ല എന്നാണ് ഒരുപാട് പേര് നേരത്തെ ബുക്ക് ചെയ്തു വെച്ചു അത്ര ആ മരുന്ന് ആദ്യമായിട്ട് ആനി ബസ് തീരുമാനിച്ചത് ഒക്കെ തീരുമാനിച്ചിരുന്നു എന്നിട്ട് കുംഭകോണത്തിൽ അമ്പലത്തിന്റെ മുമ്പിൽ അതിന്റെ ഉദ്ഘാടനം വൈകുന്നേരം അഞ്ചര മണിക്ക് അവിടുത്തെ വലിയ ആളുകളൊക്കെ വന്നുകൂടി എല്ലാം കൂടിയിട്ട് അഞ്ചര മണിക്ക് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എല്ലാം തീരുമാനിച്ചു തീരുമാനിച്ച് അഞ്ചരയായി അഞ്ചര മുക്കാലായി ആറു മണിയായി യോഗി എത്തിയില്ല യോഗി എത്തിയില്ല നോക്കുമ്പോ അന്വേഷിച്ചു പോയപ്പോ അദ്ദേഹം ഒരു അഞ്ചു മണി ആവുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു എന്നാണ് മരിക്കാതിരിക്കാൻ മരുന്ന് കണ്ടുപിടിച്ച ആള് മരുന്ന് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് മരിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പോ ഇതിനെ മരിക്കാതെ ആർക്കും വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ അങ്ങനെയുള്ള ഈ ശരീരം ശാശ്വതമല്ലാത്ത ശരീരം ശരീരത്തിൽ ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല നമ്മുടെ ശരീരം ഒന്നും പറയാന്നല്ലാതെ സുഖ വരാതിരിക്കാൻ പറ്റില്ല അത് സുഖമായിട്ട് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ യാതൊന്നും വയ്യ അങ്ങനെയുള്ള ശരീരത്തിനോടുള്ള പ്രേമം കാരണം ഗേഹെ വീട്ടിലും വിത്ത് പണത്തിനോടും എല്ലാം ബന്ധപ്പെടുന്നു സത്പഥം വിസ്മരന്തി ഭഗവാനെ മറന്നുകൾ ഈ ശരീരത്തിനെ സ്വന്തമെന്ന് കരുതി എതു സ്വന്തമോ അതിനെ മറന്നു ഏത് സ്വന്തം അല്ലയോ അതിനെ സ്വന്തം എന്ന് കരുതി മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഹ ഭഗവാൻ ജീവഭൂതനായിട്ട് ഉള്ളിലിരിക്കണോ ഭഗവാനെ മറന്നു എന്നിട്ട് തൊത്പദം വിസ്മരത്തി ഈ ശരീരമോ ഒന്നില് അഗ്നിയിലിട്ട് ഇരിക്കും ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും ആർക്കെങ്കിലും വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ കറ്റല്യാ അല്ലെങ്കിലോ ശുനഹ നായ കടിക്കും കഴുകൻ കടിക്കും കൊത്തി വലിക്കും അത്രയേ ഉള്ളൂ ഈ ശരീരം പട്ടണത്താർ ഒരു പാട്ടിൽ പാടി ഒരു വലിയ വ്യാപാരിയുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ പോയപ്പോ വ്യാപാരി ഭിക്ഷ കൊടുത്തില്ല രണ്ടുപേരും അടുത്ത് നിന്ന് വലിയ കൊടവയറുണ്ട് എണ്ണയിട്ട് ഒഴിയാണ് അത്രേ കൊടവയർ അപ്പോ സന്യാസി വന്ന് നിൽക്കുന്ന സന്യാസിയെ കളിയാക്കി അദ്ദേഹം ഒട്ടിയ വയറോടെ നിൽക്കണു സന്യാസിയെ കളിയാക്കിയപ്പോ സന്യാസി പറഞ്ഞു പട്ടണത്താർ പാടി ചട്ടിയാർ തൊപ്പ് തനതെണ്ടിറുക്ക് നായും നരിയും തനതൻ്റെ ഇദ്ദേഹം തൊപ്പയെന്ന് വെച്ചാ കൊടവേർ കൊടവേറ് തൻ്റെന്ന് വിചാരിച്ച എണ്ണയിട്ട് ഒഴിയിപ്പിക്കണോ നായയും നരിയും കഴുകനും കുറുക്കനും ഒക്കെ വന്ന് എത്തി എത്തി നോക്കിയിട്ട് പോണു അത്ര എപ്പഴാ ഇയാൾ തല പടം വിടാൻ പോണോ നമുക്ക് നല്ല ആഹാരം തയ്യാറായിക്കൊണ്ടിരിക്കണോന്നാണ് വന്നേഹേ ശുനഹാവ നായോ കഴുകനോ അഗ്നിയോ ഒക്കെ സ്വന്തം ഈ ശരീരം അവർക്കൊക്കെയാണോ സ്വന്തം അങ്ങനെയുള്ള ശരീരത്തിന് ജീവൻ ഉള്ളപ്പോഴെങ്കിൽ നമുക്ക് സ്വന്തം ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ഓരോന്ന് ഓരോ വശത്തേക്ക് വലിക്കണം കണ്ണൊരു വശത്തേക്ക് ചെവി ഒരു വശത്തേക്ക് മൂക്കൊരു വശത്തേക്ക് നാക്കൊരു വശത്തേക്ക് ത്വത്പദം ഒന്നുപോലും ഭഗവാന്റെ അടുത്തേക്ക് വലിക്കണമില്ല അതുകൊണ്ട് ഈ ദേഹാഭിമാനം ഇല്ലാതാക്കണം ഭഗവാന് ദേഹാഭിമാനം ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ ഭക്തിയെങ്കിൽ തരണം ഒരുപക്ഷെ അതിന് യോഗ്യതയില്ല എന്ന് പറയുകയാണെങ്കിൽ ദുർവാരോ ദേഹമോഹോ യതി പുനരധുന തർഹി നിശേഷരോഗാൻ ഹൃദയാ ഭക്തി ദ്രടിഷ്ടാം കുരു തവ പദ പങ്കേരുഹേ नूनम नाना സമധിഗതമിം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേ ഹാ ഹ വിഷയരസേ മാക്ഷിപ പാഹി മാം മാരുതേശ ദുർവാഹമോഹോ യതി പുനരധുന ഈ ദേഹമോഹം നീക്കാൻ ഇപ്പോ യോഗ്യതയില്ലെങ്കിൽ നിശേഷൻ ഹൃത് രോഗത്തിനെയൊക്കെ മാറ്റിത്തരണം എന്തിനാ രോഗത്തിനെ മാറ്റിത്തരുന്നത് എന്ന് വെച്ചാൽ ഭോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഭഗവത് ഭജനം ചെയ്യാനായിട്ട് ഭക്തി ദൃഢിഷ്ടാം കുരു ദൃഢമായ ഭക്തിയെ തരൂ ആ ഭക്തി സാധനകളായ പ്രദക്ഷിണം നമസ്കാരം ജപം സങ്കീർത്തനം ഇതൊക്കെ ചെയ്യാനായിട്ട് ശരീരത്തിന് ആരോഗ്യം തരൂ ത്വത്പദ പങ്കേരുഹേ പങ്കജാക്ഷ ന്യൂനം നാനാഭവാന്തേ സമധിഗതമിതം എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയിട്ടുള്ള മുക്തിദം വിപ്രദേഹം മുക്തിക്ക് യോഗ്യമായ ഈ ബ്രാഹ്മണ ശരീരം ഈ ബ്രാഹ്മണ ശരീരം ചോദിച്ചു കിട്ടിയതല്ല എങ്ങനെയോ കിട്ടി അതിനെ വീണ്ടും വിഷയരസത്തിൽ തള്ളിക്കളയരുത് ക്ഷുദ്രേ ഹാ ഹിഷരസേ മാമാക്ഷിപ ഒരു ഭക്തൻ പാടി ഭഗവാനെ അടുത്തുവരെ വന്നിരിക്കണം എന്നെ തള്ളിക്കളയരുത് അടുത്തു വന്ന എന്നെ തള്ളലാകാതെ മേലെ പടി കയറി മേൽ പടിവേരെ എത്തിയിരിക്കുന്നു അവിടുന്ന് തള്ളിവിടരുത് തന്നാണ് ക്ഷുദ്രേ ഹാ ഹിഷയരസേ മാിപാരുശാ അങ്ങനെ ഇരുപത്തിയഞ്ചു ഗുരുക്കന്മാരെക്കുറിച്ചും ഇവിടെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ജീവനും ഈശ്വരനും ഭേദമില്ല രണ്ടും ഒന്ന് യാഥാർത്ഥ്യ ത്വന്മയസ്യേ ബഹി മമനവിഭോ വസ്തുതോ ബന്ധമോക്ഷവും ബന്ധം മോക്ഷം എന്നൊക്കെ പറയണത് മാനസിക കൽപ്പനകളാണ് ബ്രഹ്മത്തിന് എവിടെ ബന്ധം എവിടെ മോക്ഷം നിത്യമുക്തമാണ് ബ്രഹ്മം യാതൊരു ബന്ധത്തിലും ബ്രഹ്മം കുടുങ്ങിയിട്ടില്ല പക്ഷേ മായയും അവിദ്യയും മായ കൊണ്ട് വിദ്യാവിദ്യ മോക്ഷം എന്ന് തോന്നുന്നു അവിദ്യ ബന്ധം എന്ന് തോന്നുന്നു അപ്പൊ വിദ്യയ്ക്ക് വേണ്ടി യത്നിക്കണം ബദ്ധേ ജീവദ്വിമുക്തി ഗഗവതിജിത താവതി താവതേക ഭു ദേഹദ്രുമ വിഷയഫലരസം ഇതൊക്കെ പറയണെങ്കിൽ ഓരോ ശ്ലോകം ഓരോ ദിവസം പറഞ്ഞാൽ ഒരുവിധം ശരിയാവും അല്ലെങ്കിൽ എവിടെ ഒന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഇരുപത്തിനാല് ഗുരുക്കളെ പറഞ്ഞ അവസാനിപ്പിക്കുക എന്ന് വൃത്തിയുള്ളൂ ഇത് മാത്രമായിട്ട് പറയണം ഏകാദശം മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം മുതലുള്ളത് മാത്രമായിട്ട് ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാം ഒന്നിനും അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല കാര്യം ഇതാണ് ജീവന്റെ സ്വരൂപമേ മുക്തിയാണ് വസ്തുത ഗുണാമൂലം മുക്തി നമ്മളുടെ സ്വരൂപമാണ് സ്വരൂപമായ മുക്തിയെ നേടണമെങ്കിൽ ചിത്തം ശുദ്ധമാവണം ചിത്തം ശുദ്ധമാവാൻ ഭക്തി വേണം ഭക്തി ഉണ്ടെങ്കിലേ ചിത്തശുദ്ധി ഉണ്ടാവും ചിത്താർദ്രീ ഭാവം ഉച്ചൈഹി വപുഷിച്ച പുളക്കം ഹർഷബാഷ്പം ചിത്വാ ചിത്തം ശുദ്ധിയേ കഥം വഹുതപസാ വിദ്യയാ വീതഭക്തേ ഭക്തി എന്നുള്ളത് ശാന്തഭക്തിമതി പ്രകടനഭക്തിയൊന്നും വേണ്ട ഭക്തി ആരും അറിയണ്ട ശാന്തഭക്തി ജപം അനുഷ്ഠാനം ഭഗവത് ധ്യാനം ഭഗവത് പൂജ ആത്മവിചാരം ജ്ഞാനത്തോട് ചേർന്ന് ഭക്തി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ജ്ഞാനത്തോടുകൂടെ ചേർന്ന് ഭക്തി വേണം ഭക്തി എപ്പോഴും ജ്ഞാനത്തോടെ ഉണ്ടാവണം അതിനാണ് ഭാഗവതം ഭാഗവതത്തിൽ ഭാഗവത ഉദ്ദേശമേ ഭക്തിയെ വളർത്തലല്ല ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്തലാണ് എന്താന്ന് വെച്ചാൽ ഭക്തി എല്ലാവരുടെ അടുത്തും ഉണ്ട് അത് പ്രാകൃത ഭക്തിയായിട്ടിരിക്കണതുകൊണ്ട് ജ്ഞാനവൈരാഗ്യം ചേർത്താലേ ഭക്തി പൂർണ്ണമാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ജ്ഞാനവൈരാഗ്യം നോക്കണം ഭാഗവത മാഹാത്മ്യത്തിൽ തന്നെ ജ്ഞാനവും വൈരാഗ്യവും കുട്ടികൾ എഴുന്നേൽക്കാതെ കിടക്കണോ അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഭക്തിമാതാവ് പ്രാർത്ഥിച്ചിട്ടാണ് ഭാഗവതം ചൊല്ലണത് അപ്പോ ഉദ്ദേശം എന്താണ് ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും എഴുന്നേൽപ്പിക്കണം എന്നാലേ ഭക്തിമാതാവിന് സന്തോഷമാവുള്ളൂ ഭക്തിയാവുന്ന അമ്മയ്ക്ക് സന്തോഷമാവണമെങ്കിൽ ജ്ഞാനവൈരാഗ്യത്തോടെ ഭക്തി ഭക്തി ജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭാഗവത മഹാപുരാണത്തിനെ ശ്രീ വേദവ്യാസ ഭഗവാൻ പ്രകാശിപ്പിച്ചത് അതുകൊണ്ട് ശാന്തമായി ആത്മാവാണ് ഭഗവാൻ ഭഗവാനെ എവിടുന്നു പിടിച്ച് വലിച്ചുകൊണ്ട് ആവശ്യമൊന്നുമില്ല നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴേ ഉണ്ട് പൂർണ്ണമായിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ ഭഗവാന്റെ അംശമാണ് അംശം എന്ന് വെച്ചാൽ എന്താ സൂര്യന്റെ മുമ്പിലൊരു കറുത്ത തുണി പിടിച്ചിട്ട് അതിലൊരു ചെറിയ ദ്വാരമിട്ടാൽ അതിലൂടെ ഒരു കിരണം വരുമ്പോ അത് അംശം വാസ്തവത്തിൽ അത് അംശമാണോ അല്ല ആ ഓട്ട ദ്വാരം എത്ര കണ്ട് വലുതാവണോ അത്ര കണ്ട് വെളിച്ചം വലുതാവും തുണി മുഴുവൻ കീറിക്കളഞ്ഞാലോ സൂര്യനെ ഉള്ളൂ അപ്പൊ അതുപോലെയാണ് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഹ എന്ന് പറയണത് ഈശ്വരൻ നിന്നും അന്യമായി ഒന്നുമില്ല ഇവിടെ ഈ സത്യം അറിയാൻ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിച്ച് ഭഗവത് തത്വം ഹൃദയത്തില് പ്രകാശിക്കണം ഇതാണ് ഇതിനെ വിസ്താരമായിട്ട് ഏകാദശത്തിലും അതിനെ വളരെയധികം ചുരുക്കി ഒട്ടും വിട്ടുകളയാതെ ഭട്ടതിരി നാരായണീയത്തില് തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം മുതൽ ഇത്രയും നേരം ഇവിടെ പറഞ്ഞു അവസാനം തൊണ്ണൂറ്റിയെട്ടാമത്തെ ദശകത്തിൽ ഉപനിഷത്തു പോലെ ബ്രഹ്മതത്വത്തിനെ സംഗ്രഹിച്ചു ഓരോന്നും ഭാഗവതത്തിലുള്ള സ്തുതികളിൽ നിന്നൊക്കെ എടുത്ത് സംഗ്രഹിച്ചു മുഖ്യമായി ഗജേന്ദ്രസ്തുതി ഗജേന്ദ്രമോക്ഷത്തിലെ സ്തുതിയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് അധികമായിട്ടും യസ്മേത വിഭാഗം യഥിതമഭവത് യേന ചേദം യോസ്മാത് ഉർണോ ഖലു സകലമിദം ഭാസിതം യാസാ യോ വാചാ ദൂരദൂരെ പുനരപി മനസാം മുനിന്ദ്രാ നോ വിദ്യു തൂപം പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ ആ പ്രഭുവിന്റെ ബ്രഹ്മത്തിനെ ഉപനിഷത്സ്വരൂപമായി ബ്രഹ്മത്തിനെ ഇവിടെ പ്രകാശിപ്പിച്ചു പത്ത് ശ്ലോകങ്ങളുകൊണ്ട് ഭൂഷാസുസ്വർണദ്വാ ജഗതിഘടാതികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തധുനാ അദ്വിതീയം വപുസ്തേ ഒരു സ്വർണത്തിന് വളാമാല മോതിരം കിരീടം എന്നൊക്കെ പറഞ്ഞിട്ട് വേഷം രൂപം മാറ്റണ പോലെ ഒരേ ബ്രഹ്മം അനേക രൂപങ്ങൾ ധരിച്ചിരിക്കണം ഇത് നല്ലവണ്ണം ചിന്തിച്ചാൽ അദ്വിതീയമായ ബബുസ് ഗുരുവായൂരപ്പ അദ്വിതീയമായ അവിടുത്തെ സ്വരൂപം ഇവിടെ ഇപ്പത്തന്നെ പ്രകാശിക്കണമല്ലോ സ്വപ്നം കാണുന്ന ആള് സ്വപ്നം വിട്ടുണരുമ്പോ സ്വപ്നത്തിലുള്ളതൊക്കെ മറഞ്ഞു പോകുന്ന പോലെ അജ്ഞാനമാവുന്ന നിദ്ര വിട്ടുറങ്ങുന്ന ജീവനെ സർവം ബ്രഹ്മമയമായിട്ട് കാണപ്പെടുന്നു എന്ന് സ്തുതിച്ചു അങ്ങനെ തൊണ്ണൂറ്റിയൊമ്പത് ദശകങ്ങളിൽ ഭഗവാനെ സ്തുതിച്ചിട്ട് തൊണ്ണൂറ്റിയൊമ്പത് വായിച്ചോ ഇല്ല വേദസ്തുതിയാണ് തൊണ്ണൂറ്റിയൊമ്പത് അതാണ് അത് രണ്ടും കൂടെ ബാക്കിവെച്ചത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ തൊണ്ണൂറ്റി ദശകം ഉപനിഷത്ത് തൊണ്ണൂറ്റി ദശകം വേദം നൂറാമത്തെ ദശകം ഭഗവാന്റെ സ്വരൂപ വർണ്ണന ഭഗവാന്റെ ഭഗവാനെ മുമ്പിൽ അങ്ങനെ കാണുന്ന വർണ്ണന അതുകൊണ്ട് നമ്മളുടെ ഭാഗവത സപ്താഹത്തിനെ ഇതോടെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കണം പൂർണമായും ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് നമുക്ക് മനസ്സിൽ ശാന്തിയും ആനന്ദവും ഭക്തിയും തെളിച്ചു എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ ലോകാസമസ്താ സുഖനോ ഭവന്തു ഭക്തി ഉണ്ടാവട്ടെ ജ്ഞാനം ഉണ്ടാവട്ടെ സത്സംഗത്തിൽ മേൽക്കുമേൽ അഭിരുചി ഉണ്ടാവട്ടെ അതിനുള്ള അവസരം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ രണ്ട് ദശകങ്ങൾ വായിച്ച് ഗുരുവായൂരപ്പനെ ദീപാരാധന കാണിക്കാം അതിനു മുമ്പ് ഇപ്പൊ ഒരു വേദസ്തുതി മാത്രം വായിച്ചിട്ട് നമ്മൾ നിർത്താം ഇവിടെ എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞ ശേഷം അവസാനം അഗ്രേ പശ്യാമി വായിച്ച് അതോടൊപ്പം തന്നെ ദീപാരാധനയും കാണിച്ചിട്ട് ഗോവിന്ദാഷ്ടകം ചൊല്ലാം സർവത്ര ഗോവിന്ദനാമ അവസാനത്തെ അദ്ധ്യായം ദശകം നൂറാമത്തെ ദശകം ഭട്ടതിരി മുമ്പില് ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് പാടുകയാണ് നമ്മളുടെ ഒക്കെ ലക്ഷ്യമാണ് അവസാനത്തെ ദശകം ഭഗവാന്റെ ദിവ്യരൂപം കാണാം അത് അതിനുള്ള ശരിക്കും നാരായണിയും ഭക്തിയോട് പാരായണം ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരും അവസാനമാവുമ്പോ ഗുരുവായൂരപ്പനെ മുമ്പിൽ അങ്ങനെ കാണണം ൃഷതി ഹൃതിാഗവതത്തിൽ പറയുന്നു ഒന്നില് മൂർത്തിയിലോ ഹൃദയത്തിലോ ആകാശത്തിലോ മനുഷ്യനിലോ ഒക്കെ ഭഗവാനെ കാണാം സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ തൻ്റെ മുമ്പിൽ തൻ്റെ ഇഷ്ടഭാവത്തിൽ ശ്രീ ഗുരുവായൂരപ്പനായി ശങ്കരചക്ര ഗതാപാണിയായി നീലമേഘശശ്യാമളനായി ഭഗവാനെ മുമ്പിൽ കാണുകയാണ് ഭട്ടതിരി നമുക്ക് കാണിച്ചതരെയാണ് ഈ നൂറാമത്തെ ദശകത്തിൽ നമ്മൾ ഗുരുവായൂരപ്പനെ ഉള്ളിൽ നിരന്തരം ധ്യാനിക്കുകയാണെങ്കിൽ ധ്യാനയോഗം പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു സൂര്യസ്പർധിഗിരിയുടെ മൂർധ്വതിലകം അവിടെ തൊട്ട് കുറച്ച് മുമ്പ് വരെ രണ്ട് ദശകം മുമ്പിൽ പോലും ധ്യാനയോഗത്തിന് പറഞ്ഞു രണ്ട് മൂന്ന് ദശകം മുമ്പ് അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ഭാഗവതത്തിലും പല രീതിയിൽ ഭഗവത് ധ്യാനത്തിനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കാനാണ് ഈ പത്താമ നൂറാമത്തെ ദശകത്തിൽ ഭഗവാൻ നാരായണ ഭട്ടതിരി നമ്മളുടെ മുമ്പിൽ ഭഗവാനെ കാണിച്ചു തരുന്നത് അത് നമ്മളിപ്പോൾ പാരായണം ചെയ്യാം പാരായണം കഴിഞ്ഞ് ഗോവിന്ദാഷ്ടകത്തോടുകൂടെ ദീപാരാധന ദീപാരാധന കഴിഞ്ഞ് യജ്ഞപ്രസാദം ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പുരുഷോത്തമ ദശകം എന്നൊരു പത്ത് ശ്ലോകങ്ങൾ ഭക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഭഗവാനോട് ഭക്യാപുനീഹി പുരുഷോത്തമ ദീനബന്ധോ ഓരോ ശ്ലോകങ്ങളിലും ഭക്തിക്ക് എന്തൊക്കെ ഉപോത്ബലമായിട്ട് എന്തൊക്കെ വേണമോ അതൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഈ പത്ത് ശ്ലോകങ്ങൾ അതിവിടെ യജ്ഞപ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളോടൊക്കെ ഏഴു ദിവസമായിട്ട് കേട്ടിട്ടുള്ളവരാണ് ആസ്വദിച്ചിട്ടുള്ളവരാണോ നിങ്ങളോടൊക്കെ ഞാൻ ഒരു ദക്ഷിണ ജ്യോതിക്കാണ് എന്താ ദക്ഷിണ എന്ന് വെച്ചാൽ തിരക്കു അധികം ഇടിയൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് കഴിയണതും ആളുകൾ എഴുന്നേക്കാൻ പാടില്ല മുമ്പിലുള്ളൊരു പോയിക്കോട്ടെ എന്ന് വയ്ക്കണം നമ്മളൊരു സാധന ഈ ഒരു സാധന ചെയ്താൽ ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പ നമ്മുടെ കൂടെ വരും ഈ ഒരേ ഒരു സാധന ചെയ്താൽ മതി നാമം ജപിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നുമില്ല ഈ ഒരു സാധനം ക്ഷമയാ പൃഥ്വി സമഹ അപ്പോ ബാക്കിയുള്ളവർ പോട്ടെ തിരക്ക് ധൃതി ഉള്ളവരൊക്കെ പോട്ടെ നമുക്ക് ഒരു ദിവസം നമ്മളുടെ കാര്യമൊക്കെ കുറച്ച് ഇപ്പോ സപ്താഹം ഒന്നര മണിക്കോ രണ്ടു മണിക്കോ നിർത്തി എന്ന് എന്തു ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പന്ത്രണ്ടേ കാലിൽ നിർത്തിയിരിക്കണോ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ മുൻപിൽ പോണവരൊക്കെ പോകട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കി ചെയ്യാം പ്രോക്ഷണം ഇവിടെ വരുമ്പോൾ എന്താണെന്ന് അങ്ങോട്ട് പോയി പ്രോക്ഷണം ചെയ്യാൻ പറ്റില്ല ഇതിന്റെ നടുവ് നടക്കാൻ സ്ഥലമില്ല ആളുകൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ എല്ലാവരും വരണ സമയത്ത് അക്ഷരം വാങ്ങിക്കാൻ വരുമ്പോൾ പ്രോക്ഷണം അതാണ് നല്ലത് सर्वत्र സോവിന്ദന സങ്കീർത്തനം അഗ്രേ പശ്യാമി തേജോനിബിഡതായലീ ലോഭാളാവിദോഹം തദനുദുദിഗൈശോരവേഷ തരുണ്യംഭരമ്യം പരമസുഖരസാസ്വാദ റോമാജിംഗീ ആവീദം നാരദാീ വിലസുപനിഷത് സുന്ദരീ മണ്ഡലൈശ നീലാഭം കൂഞ്ചിഗ്രം ധനമലതം സംയതം ചാരുഭ്യാ രത്നോത്തം സമയത മുദയ ചന്ദ്രകൈ പിലൈ മന്ദാരസ്രി വീതം തവ പൃഥു കരീഭാരമാലോക സ്നിഗ്ധേദോർവ്വപുഡ്രാ അപ്പി ഹൃദ്യം പൂർണ്ണനുകംപാർണവൃദുലഹരീ ചലബ്രുവിസൈ ആലസ്നിഗ്ധപക്ഷത നേത്രയുഗ്മം വിഭോ തേ സന്ദ്രാ വിശാലുണകലാകാരമാധതാര കുണ്യ ലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യത്യന ഉോല്ലുര പ്രോല്ലസദ്ലോലിതമകരമണി കുണ്ടല ദ്വന്ദ്ദീ പ്ര ഉന്മീല ദന്തസ്ഫുരരുണതരക്ഷാ ബിധരന്ത പ്രീതി പ്രശ്യന്തി മന്ദസ്മുരതരം പത്രമുദ്സതാ ബാഹുദ്വന്ദ് രത്നോജ്ജ്വലവലയഭൃത ശോണപണി പ്രവാളേന ഉപത്തേനളീ संगशाराम, പ്രസൃത നഖമയൂഖാംഗുലീ സങ്കശാരാ വക്താരേ സു മധുരവികസദ്രാഗമുഭാവബ്രഹ്മാമൃതൈ സ്വ ശിശിരിഭുനൈ സിജ്ജമേ കണവീഥ ഉത്സർപ്പൗസ്തുഭശ്രീതരരുണിതം കോമളം കണ്ടം വക്ഷശ്രീവത്സരമ്യം തരളത സമുദീ പ്രഹാര പ്രമർണ പ്രസൂനവലിസലൈനീം വണ്യമാനം വിലോലൻ ലംബമാ പുരസിത വാവരമാല അംഗേ പഞ്ചാംഗരാഗ അതിശയ വികസത് സൗരഭൃഷ്ടോകം ലീനേകോകീ വിതതിമൊപ്പി കൃഷിഭ്രധ്യവല്ലീ ശക്ശ്മണ്യസ്തോജ്ജലകനകം പീതചേല ദോദിശ്മിസ്ഫുടമണിരശനീ മണ്ഡിതോരു ഘനമസരുചൗ ചിത്ത ചോര ഊരമായാ ശങ്ക ധ്രുവമനിശമുഭ പീതചേലാവൃതരാം പുരസ്തനധൃത സമസ്താളീ സമുഗാ യാനുദ്വയം ചരമുതുലമനോജ്ഞേ ജേ നിഷേ മഞ്ജീരം മഞ്ജുനവ പദഭജനം ശ്രേയ്യനബം പാദഗ്രംഭ്രാന് മജ്ജനമനോ മന്ദോദ്ധാര കൂമ ഉമ്രാജന്നിമകൊത്സ്നയാശ്രിത സാധ്വാഹന്ത്രീ തതിമനുകലേ യോഗീന്ദ്രാദിഗസു മധുരം മുക്തിഭാജ നിവാസോ ഭക്തവർഷിസാഥദേ പാദമൂല നിിത്ത സ്ഥിതം മേ പവനപുരപത്തെ കാരുണ് സിന്ധോ ഹൃദ നിശേഷതാവാൻ പ്രതിശു പരമാനന്ദ സന്തോഹലക്ഷ്മ യഹ നിഗദിതം വിശ്വനക്ഷേഥ സ്ത്രം ചൈതത്സഹസ്രോത്തരമധിഗതരം പ്രഹ്ദാ ഭൂയാത് ദ്ധാനീയം ജഗനുഷാസ്തു തർണനം ലീലാവതാരദമിഹ കുരു ആയുരാരോഗ്യസൗ്യം സ്വീതം ലീലാവതാരദമിഹ കുരുതുരോഗ്യസൗഖ്യം സന്ദ്രനന്വോധാത്മകനുപമ കാ കാലദേശാവധിവ്യർമുക്തഗമശതേ നിർഭാസ്യമാനം അസ്പ്പം ദൃഷ്ടരുപുരുഷാർത്മകം ബ്രഹ്മ തവി വവനപുരേ ഹാഗ്യം ജന ആനന്ദ ഭഗവൻ അയി ദ പ്രദീപ്തവംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനമൈദ്യം ആവൃണ് വിരുചേഗിലവവർഷവേളാ ആശാസു ശീതളതരാസു പയോതോയ ആശാസിതപിവശേഷു ച സജ്ജനേഷദയ വിധൗ നിശിബ്യമായാളേശാപസ്ത് ജഗതഹാ വിര നിശീത്തെ തമ ഉഭൂത്തെ ജയമാനേ ജനർദ്യം ദൂ്യ വിഷു സർഗുഹാശയ ആവീരാസീയച്ചിശീന്ദുരിവ പുഷ്ലാ ഗോവിന്ദന സങ്കീർത്ത സത്യം ജ്ഞാനമന്ത് ശം പരമാകാഷപ്രാങ്കണരിണലോലയാസം പരമായാസം ുവനാരം ക്ഷമാനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ govindam paramanandam govindam paramanandam, bhaja govindam paramanandam. Govindam paramanandam. ഭജോവിന്ദം പരമാനന്ദ മൃത്സ്നത്സീഹേതിയശോധ താടനശൈശവസന്സം വ്യാദക്ലോകോകോകർദലോ ോകത്രയ പുരമൂല സ്തംഭംംംം ലോകാ ലോകമനോകം ലോകേശം പരമേശം പ്രണമത ഗോവിംഗം പരമാനന്ദം ഷ്ടീരഘ്നം കിതിഭാരഘ്നം പവരോഘ്നം കൈവല്യം നവനാഹാരം ഭുവനം വൈമലയസ്ഫുടേതോ വൃത്തിവിശേഷ ഭാസമന ഭാസം ശൈവം ണമത ഗോവിം പരമാനന്ദം ഗോവിന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഭജ ഗോവിന്ദം പരമാനന്ദ ോപല ഭുവി ലീല വിഗ്രഹ ഗോപം കൂലോപോപീന ഗോവർ ധനധൃതലീലിജോപോന് നിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനാമാനം ഗോധീ ഗോചരദൂരം പ്രണമദ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം ീ മണ്ഡല ഗോഷേ ഭേദമഭേദാഭം ശഗോകുരനിരുദ്ധൂതധൂളീജൂസരസൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീത ചിന്തിന് ചിന്തിക സദ്ം ചിന്മണിമ പ്രണമദഗോവിന്ദം പരമാനന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാ കുലയോി വസ്ത്രമുദാഗമുാരൂഢം വ്യതി സന്ത വസ്ത്രുപാകർഷ സത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമ ഗോവിരമാനന്ദം ഭജോവിം പരമ ണമാതിമി കാ കളിന്ദീഗതകാളിയശിരസി സുനൃത്യം മുഹുരത്യന്ത കാലാതീതം കലിതശേഷം കലിദോഷഗ്ന യഗതിഹേതു പ്രണമത ഗോവിനന്ദോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമോവിം പരമാനന്ദം ഭജോവിന്ദം പരം ൃന്വന ഭുവി വൃന്ദറകണവൃന്ദാദി പലമന്ദസ്മേരസുധാനന്ദം സുമഹാനന്ദം വ ശേഷമാമുനിമാനസ വന്ദ്യാനന്ദപദ ദ്വന്ദ് വന്ധ്യശേഷുണാബിന് പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ോവിഷ്ടേതധീരെ ഗോവിന്പ്പിച്ചതേതോ ഗോവിച്ചുതമാധവ വിഷു ഗോകുലനായകൃഷ്ണേധി ഗോവിന്ദ്ഘ്രി സരോജ്യനസുധാ ജലധൗത സമസ്തോ ഗോവിന്ദ േ ഗോവിന്ദ ഗോവിം പരമാനന്ദം ഗോവിന്ദം പരമാജ ഗു